അള്ളാഹു സുബഹാനഹുവറ്റായാല ഞങ്ങളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിനു ശേഷം ഞങ്ങൾ നിങ്ങളുടെ മതത്തിലേക്ക് മടങ്ങിയാൽ ഞങ്ങൾ അള്ളാഹു സുബഹാനഹുവറ്റായാലയെക്കുറിച്ച് തീർച്ചയായും ഒരു കള്ളം കെട്ടിച്ചമർത്തുകയാവും ചെയ്യുന്നത് ഞങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു സുബാനഹുവറ്റായാല ഉദ്ദേശിച്ചില്ലെങ്കിൽ അതിലേക്ക് മടങ്ങുക ഞങ്ങൾക്ക് സാധ്യമായ കാര്യമല്ല ഞങ്ങളുടെ രക്ഷിതാവ് എല്ലാ കാര്യങ്ങളെയും അറിവുകൊണ്ട് വലയം ചെയ്തിരിക്കുന്നു ഞങ്ങൾ അള്ളാഹു സുബഹാനഹുവറ്റായാലയിൽ ഭരമേൽപ്പിച്ചു ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളും ഞങ്ങളുടെ ജനതയും തമ്മിൽ സത്യംകൊണ്ട് വിധി തീർത്തു തരേണമേ വിധി തീർക്കുന്നവരിൽ ഏറ്റവും ഉത്തമൻ നീയാണ്